നിനക്ക് കഴിയുന്നവരെ നിന്റെ ശബ്ദം കൊണ്ട് നീ പ്രലോഭിപ്പിക്കുക നിന്റെ കുതിരപ്പടയേയും കാലാൾപ്പടയേയും ഉപയോഗിച്ച് അവരെ നീ വിളിച്ചു അവരുടെ സമ്പത്തിലും സന്തതികളിലും പങ്കുചേരുക നീ അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുക എന്നാൽ പിശാജ് നൽകുന്ന വാഗ്ദാനങ്ങൾ വഞ്ചന മാത്രമാണ്